നിങ്ങളുടെ നാട് ഏതാണ് നൗ ലിസൺ എന്റെ നാട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ് മോഹൻ നിങ്ങളുടെ നാട് ഏതാണ് ഞങ്ങളുടെ സ്വദേശം രാജസ്ഥാനാണ് പക്ഷേ എന്റെ ജന്മസ്ഥലം അതല്ല എന്റെ ജന്മസ്ഥലം ഭോപാലാണ് ഭോപ്പാലും വലിയ ഒരു നഗരമാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണത് അത് ശരി നിങ്ങളുടെ പുതിയ കൂട്ടുകാരന്റെ നാടേതാണ് മോഹൻ സാർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഏതാണത് ഭുവനേശ്വർ സാർ ഭുവനേശ്വർ സാഹുവിന്റെ ജന്മസ്ഥലല്ല അത് അദ്ദേഹത്തിന്റെ ജോലിസ്ഥലമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഒരു ചെറിയ ഗ്രാമമാണ് അതിന്റെ പേര് കാശിപൂർ എന്നാണ് സാർ ഞങ്ങളുടെ അധ്യാപിക ശ്രീമതി ശാരദാമണിയുടെ സ്വദേശം ഏതാണ് അവരുടെ സ്വദേശം തമിഴ്നാടാണ് സാർ തഞ്ചാവൂർ വളരെ പഴയ ഒരു പട്ടണമാണ് എന്റെ കൂട്ടുകാരി രമയുടെ ജന്മസ്ഥലവും അതാണ് ിസൺ ആൻഡ് റിപ്പീറ്റ് എന്റെ നാട് തിരുവനന്തപുരമാണ് എന്റെ നാട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ മോഹൻ നിങ്ങളുടെ നാട് ഏതാണ് മോഹൻ നിങ്ങളുടെ നാട് ഏതാണ് ഞങ്ങളുടെ സ്വദേശം രാജസ്ഥാനാണ് ഞങ്ങളുടെ സ്വദേശം രാജസ്ഥാനാണ് പക്ഷേ എന്റെ ജന്മസ്ഥലം അതല്ല പക്ഷേ എന്റെ ജന്മസ്ഥലം അതല്ല എന്റെ ജന്മസ്ഥലം ഭോപ്പാലാണ് ഭോപ്പാലും വലിയ ഒരു നഗരമാണ് ഭോപ്പാലും വലിയ ഒരു നഗരമാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണത് നിങ്ങളുടെ നിങ്ങളുടെ പുതിയ കൂട്ടുകാരന്റെ നാടേതാണ് മോഹൻ സാർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഒരു തലസ്ഥാന നഗരമാണ് സാർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഒരു തലസ്ഥാന നഗരമാണ് ഏതാണത് ഏതാണത് ഭുവനേശ്വർ ഭുവനേശ്വർ സാർ ഭുവനേശ്വർ സാഹുവിന്റെ ജന്മസ്ഥലമല്ല സാർ ഭുവനേശ്വർ സാഹുവിന്റെ ജന്മസ്ഥലമല്ല അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഒരു ചെറിയ ഗ്രാമമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഒരു ചെറിയ ഗ്രാമമാണ് അതിന്റെ പേര് കാശിപൂർ എന്നാണ് അതിന്റെ പേര് കാശിപൂർ എന്നാണ് സാർ ഞങ്ങളുടെ അധ്യാപിക ശ്രീമതി ശാരദാമണിയുടെ സ്വദേശം ഏതാണ് സാർ ഞങ്ങളുടെ അധ്യാപിക ശ്രീമതി ശാരദാമണിയുടെ സ്വദേശം ഏതാണ് അവരുടെ സ്വദേശം തമിഴ്നാടാണ് അവരുടെ സ്വദേശം മിഴ്നാടാണ് തഞ്ചാവൂരാണ് അവരുടെ ജന്മസ്ഥലം തഞ്ചാവൂരാണ് അവരുടെ ജന്മസ്ഥലം സാർ തഞ്ചാവൂർ വളരെ പഴയ ഒരു പട്ടണമാണ് സാർ തഞ്ചാവൂർ വളരെ പഴയ ഒരു പട്ടണമാണ് എന്റെ കൂട്ടുകാരി രമയുടെ ജന്മസ്ഥലവും അതാണ് എന്റെ കൂട്ടുകാരി രമയുടെ ജന്മസ്ഥലവും അതാണ് ഡ്രിൽ 1. ം തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ടു എന്റെ ഗ്രാമത്തിന്റെ പേര് കാശിപ്പൂർ എന്നാണ് എന്റെ ഗ്രാമത്തിന്റെ പേര് കാശിപ്പൂർ എന്നാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഒരു വലിയ നഗരമാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഒരു വലിയ നഗരമാണ് ഫോർ അതിന്റെ പേര് ഭോപ്പാൽ എന്നാണ് അതിന്റെ പേര് ഭോപാൽ എന്നാണ് ഫൈവ് നാരായണന്റെ സ്വദേശം കേരളമാണ് നാരായണന്റെ സ്വദേശം കേരളമാണ് സിക്സ് നിങ്ങളുടെ കൂട്ടുകാരന്റെ നാടേതാണ് നിങ്ങളുടെ കൂട്ടുകാരന്റെ നാടേതാണ് സെവൻ സാഹുവിന്റെ ജോലിസ്ഥലമാണ് ഭുവനേശ്വർ സാഹുവിന്റെ ജോലിസ്ഥലമാണ് ഭുവനേശ്വർ സോമുവിന്റെ കൂട്ടുകാരൻ ആരാണ് സോമുവിന്റെ കൂട്ടുകാരൻ ആരാണ് നയൻ ശാരദാമണിയുടെ നാടാണ് തമിഴ്നാട് ശാരദാമണിയുടെ നാടാണ് തമിഴ്നാട് ഞങ്ങളുടെ കൂട്ടുകാരെ രമയുടെ നാടും കേരളമാണ് ഞങ്ങളുടെ ഇത് കേരള സംസ്ഥാനമാണ് ഇത് കേരള സംസ്ഥാനമാണ് സന്ധി പ്രാക്ടീസ് മോഡൽ ഭോപ്പാൽ ഉം ഭോപാലും നൗ ഫോളോ ദോഡൽ നിങ്ങൾ ഉം നിങ്ങളും ഞാനും അവർ ഉം അവരും ശാരദാമണി ഉം ശാരദാമണിയും രമ ഉം രമയും സാഹു ഉം സാഹുവും സോമു ഉം സോമുവും रघु उमघु जन्मस्थल उम जन्मस्थलु जोलीस्थल उम ജോലിസ്ഥലവും സ്വദേശം ഉം സ്വദേശവും ഗ്രാമം ഉം ഗ്രാമവും ബിൽഡപ്ഡ്രിൽ മോഡൽ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് നൗ ഫോളോ ദോഡൽ വൺ വൺ അല്ല അല്ല മധ്യപ്രദേശല്ല സാഹുവിന്റെ സ്വദേശം മധ്യപ്രദേശല്ല എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ സാഹുവിന്റെ സ്വദേശം മധ്യപ്രദേശല്ലൂർ തഞ്ചാവൂരാണ് ജന്മസ്ഥലം ജന്മസ്ഥലം തഞ്ചാവൂരാണ് രമയുടെ രമയുടെ ജന്മസ്ഥലം തഞ്ചാവൂരാണ് രമയുടെ ജന്മസ്ഥലം തഞ്ചാവൂരാണ് എന്നല്ല രാമറാവു രാമറാവു എന്നല്ല പേര് പേര് രാമറാവു എന്നല്ല അധ്യാപകന്റെ അധ്യാപകന്റെ പേര് രാമറാവു എന്നല്ല മലയാളം മലയാളം അധ്യാപകന്റെ പേര് രാമറാവു എന്നല്ല ഞങ്ങളുടെ മലയാളം അധ്യാപകന്റെ പേര് രാമറാവു എന്നല്ല നഗരം നഗരമാണ് തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു തലസ്ഥാന നഗരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ മോഡൽ വൺ ഇത് എന്റെ ക്ലാസ് ആണ് രാജൻ്റെ ഇത് രാജന്റെ ക്ലാസ് ആണ് നൗ ഫോളോ ദോഡൽ വൺ അത് ജയന്റെ ഗ്രാമമാണ് മോഹനന്റെ അത് മോഹനന്റെ ഗ്രാമമാണ് നാരായണൻറെ അത് നാരായണന്റെ ഗ്രാമമാണ് അദ്ദേഹം സാഹുവിൻ്റെ അധ്യാപകനാണ് മധുവിൻ്റെ അദ്ദേഹം മധുവിന്റെ അധ്യാപകനാണ് രാജുവിന്റെ അദ്ദേഹം രാജുവിൻറെ അധ്യാപകനാണ് ത്രി കല ജയപാലിന്റെ കൂട്ടുകാരിയാണ് മോഹൻലാലിന്റെ കല മോഹൻലാലിന്റെ കൂട്ടുകാരിയാണ് പ്രദീപിന്റെ കല പ്രദീപിന്റെ കൂട്ടുകാരിയാണ് ഫോർ അത് അദ്ദേഹത്തിന്റെ ഗ്രാമമാണ് ഇദ്ദേഹത്തിന്റെ അത് ഇദ്ദേഹത്തിൻറെ ഗ്രാമമാണ് സരോജത്തിന്റെ അത് സരോജത്തിന്റെ ഗ്രാമമാണ് ഫൈ അവർ കലയുടെ അധ്യാപികയാണ് ശാരദയുടെ അവർ ശാരദയുടെ അധ്യാപികയാണ് മണിയുടെ അവർ മണിയുടെ അധ്യാപികയാണ് സിക്സ് രാമറാവു എന്റെ അധ്യാപകനാണ് നിങ്ങളുടെ രാമറാവു ഞങ്ങളുടെ അധ്യാപകനാണ് ഞങ്ങളുടെ രാമറാവു ഞങ്ങളുടെ അധ്യാപകനാണ് അവരുടെ രാമറാവു അവരുടെ അധ്യാപകനാണ് സാഹുവിന്റെ രാമറാവു സാഹുവിന്റെ അധ്യാപകനാണ് സദിയുടെ രാമറാവു സദിയുടെ അധ്യാപകനാണ് മോഡൽ ടു സാഹു എന്റെ വിദ്യാർത്ഥിയാണ് നിങ്ങൾ സാഹു നിങ്ങളുടെ വിദ്യാർത്ഥിയാണ് നൗ ഫോളോ ദോഡൽ വൺ കാശീപൂർ ഞങ്ങളുടെ ഗ്രാമം അല്ല ഞാൻ കാശിപ്പൂർ എന്റെ ഗ്രാമം അല്ല കാശിപ്പൂർ അദ്ദേഹത്തിൻ്റെ ഗ്രാമം അല്ല ഇവർ കാശിപ്പൂർ ഇവരുടെ ഗ്രാമം അല്ല ശിപ്പൂർ കമലത്തിന്റെ ഗ്രാമം അല്ല നിങ്ങൾ കാശിപ്പൂർ നിങ്ങളുടെ ഗ്രാമം അല്ല പ്രകാശ് കാശിപ്പൂർ പ്രകാശിന്റെ ഗ്രാമം അല്ല മധു കാശിപ്പൂർ മധുവിന്റെ ഗ്രാമം അല്ല ഉമ കാശിപ്പൂർ ഉമയുടെ ഗ്രാമം അല്ല കാശിപ്പൂർ വിമലയുടെ ഗ്രാമം അല്ല രതി. കാശിപ്പൂർ രതിയുടെ ഗ്രാമം അല്ല റീസ്റ്റേറ്റ്മെന്റ് മോഡൽ വൺ ഞാൻ ഉഷയാണ് എന്റെ പേര് ഉഷ എന്നാണ് നൗ ഫോളോ ദ മോഡൽ ഞാൻ മധുവാണ് എൻ്റെ പേര് മധു എന്നാണ് നിങ്ങൾ ജയപാലാണ് നിങ്ങളുടെ പേര് ജയപാൽ എന്നാണ് അദ്ദേഹം രാമറാവു ആണ് അദ്ദേഹത്തിന്റെ പേര് രാമറാവു എന്നാണ് ഇവർ സരളയാണ് ഇവരുടെ പേര് സരള എന്നാണ് അത് കാശിപ്പൂർ ആണ് അതിൻ്റെ പേര് കാശിപ്പൂർ എന്നാണ് ഞങ്ങളുടെ സംസ്ഥാനം കേരളമാണ് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് മോഡൽ ടു രാമറാവു അധ്യാപകനാണ് രാമറാവുവും അധ്യാപകനാണ് നൗ ഫോളോ ദ മോഡൽ കമലം വിദ്യാർത്ഥിനിയാണ് കമലവും വിദ്യാർത്ഥിനിയാണ് പത്മം അധ്യാപികയാണ് പത്മവും അധ്യാപികയാണ് രാമൻ എന്റെ കൂട്ടുകാരനാണ് രാമനും എന്റെ കൂട്ടുകാരനാണ് മോഹനൻ എന്റെ വിദ്യാർത്ഥിയാണ് മോഹനനും എന്റെ വിദ്യാർത്ഥിയാണ് രാധ അവരുടെ വിദ്യാർത്ഥിനിയാണ് രാധയും അവരുടെ വിദ്യാർത്ഥിനിയാണ് സതി രാധയുടെ കൂട്ടുകാരിയാണ് സതിയും രാധയുടെ കൂട്ടുകാരിയാണ് ഫർമേഷൻ ഡ്രിൽ മോഡൽ രാമറാവു വിദ്യാർത്ഥിയല്ല നൗ ഫോളോ ദോഡൽ കാശിപ്പൂർ എന്റെ ജന്മസ്ഥലമാണ് കാശിപ്പൂർ എന്റെ ജന്മസ്ഥലമല്ല രാധ എന്റെ വിദ്യാർത്ഥിനിയാണ് രാധ എന്റെ വിദ്യാർത്ഥിനിയല്ല എന്റെ പേര് സാഹുവെന്നാണ് എന്റെ പേര് സാഹു എന്നല്ല ഞങ്ങളുടെ സ്വദേശം കേരളമാണ് ഞങ്ങളുടെ സ്വദേശം കേരളമല്ല എന്റെ കൂട്ടുകാരി രമയുടെ ജോലിസ്ഥലം തിരുവനന്തപുരമാണ് എന്റെ കൂട്ടുകാരി രമയുടെ ജോലിസ്ഥലം തിരുവനന്തപുരമല്ല റെസ്പോൺസ് ഡ്രിൽ മോഡൽ നിങ്ങളുടെ നാട് ഏതാണ് എന്റെ നാട് തഞ്ചാവൂരാണ് നൗ ഫോളോ ദ മോഡൽ നിങ്ങളുടെ ജന്മസ്ഥലം ഏതാണ് എന്റെ പേരെന്താണ് നിങ്ങളുടെ അധ്യാപകന്റെ സ്വദേശം ഏതാണ് നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ് എന്റെ ജോലിസ്ഥലം ഏതാണ്